പലിശ ഭക്ഷിക്കുന്നവർ പിശാജ് ബാധിച്ച് വിറച്ചു നിൽക്കുന്ന ഒരാൾ എങ്ങനെയുമാണോ നിൽക്കുന്നത് അതുപോലെ മാത്രമേ അവർ പുനരുദ്ധാന നാളിൽ എഴുന്നേൽക്കുകയുള്ളൂ കച്ചവടം പലിശ പോലെയാണെന്ന് അവർ പറഞ്ഞതുകൊണ്ടാണത് എന്നാൽ അള്ളാഹുസുബാനഹുവറ്റ ആല കച്ചവടത്തെ അനുവദിക്കുകയും പലിശയെ നിഷിദ്ധമാക്കുകയും ചെയ്തു തൻറെ രക്ഷിതാവിങ്കിൽ നിന്ന് ഉപദേശം ലഭിച്ച് അത് നിർത്തിയവനു മുൻപ് സംഭവിച്ചത് അവനുള്ളതാണ് അവൻറെ കാര്യം അല്ലാഹു സുബഹാനഹുവറ്റ ആലായുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുന്നു എന്നാൽ ആരെങ്കിലും വീണ്ടും അതിലേക്ക് മടങ്ങുകയാണെങ്കിൽ അവർ നരകവാസികളാണ് അവർ അതിൽ ശാശ്വതമായിരിക്കും